ാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തോടുള്ള ബന്ധത്തിൽ യോഹനാൻ കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു എന്ന ഒരു കൊച്ചുവാക്യം നമ്മളെ ചിന്തിക്കുകയായിരുന്നു യോഹനൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് യേശു അന്ത്യ അത്താഴത്തിൻ്റെ തൻ്റെ അടുത്തിരുന്ന യോഹന്നാൻ യോഹനാൻ അപ്പോസ്തലൻ കർത്താവിനോടുള്ള ഒരു സ്നേഹത്തിൽ തൻ്റെ നെഞ്ചോടെ ചേർന്നിരുന്നു എന്നാ കൊച്ചുവാക്യം ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യമെന്ന് പറയുന്നത് കർത്താവിനോടുള്ള വ്യക്തിപരമായ ലളിതമായ നിർമ്മലമായ ഒരു സ്നേഹമാണ് ആ സ്നേഹം നമ്മളുണ്ടാവണം അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതൊരു ബുദ്ധിപരമായ അറിവിനപ്പുറത്തുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു സ്നേഹത്തിൽ നിന്ന് വീണു അതിനെ എന്താ പറയുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ സഭകളോടുള്ള തൂതിൽ പറയുന്നത് ആദ്യ സ്നേഹം വിട്ടുപോയെങ്കിൽ അതിനെക്കുറിച്ച് മാനസാന്തരപ്പെടത്തക്കവണ്ണം വലിയൊരു പാപമായിട്ടാണവിടെ അതിനെ പറയുന്നത് അല്ലാതെ എനിക്ക് സ്നേഹമുണ്ടായിരുന്നു അത് നഷ്ടമായിപ്പോയി എന്നുള്ള ഒരു ഒഴികഴിവ് പോലെ അങ്ങനെയല്ല അവിടെ മാനസാന്തരപ്പെടേണ്ട ഒരു വലിയ കാര്യമായിട്ടാണ് അവിടെ അത് പറയുന്നത് നമ്മളത് ചിന്തിച്ചു അതിനെ ഒരു വീഴ്ചയായിട്ടാണ് പറയുന്നത് വീണുപോയി എന്നാണ് പറയുന്നത് നീ അതിൽ നിന്ന് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ നിൻ്റെ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയും എന്ന് പറയത്തക്കവണ്ണം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണത് അപ്പോൾ കർത്താവിനോടുള്ള ലളിതമായ നിർമ്മലമായ ഒരു ഭക്തി ഒരു സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു ഈ യോഹനാനെക്കുറിച്ച് തന്നെ നമ്മൾ പിന്നീട് വെളിപ്പാട് പുസ്തകത്തിൽ വ്യത്യസ്തമായ ഒരു കാര്യം കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ യോഹനൻ തന്നെ കർത്താവിനെ പിന്നീട് പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ കാണുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നു കർത്താവ് യോഹനൻ ഉണ്ടായ വെളിപ്പാട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ യേശുവിനെ യോഹനാൻ വീണ്ടും കാണുന്നു യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു കർത്താവ് മഹത്വത്തിലായിരിക്കുന്നു ആ മഹത്വ പ്രത്യക്ഷത കർത്താവിൻ്റെ തേജസ്സോടെ യോഹനാനൊന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോഹനാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ വെളിപ്പാട് ദിവസം ഒന്നാമത്തെ പതിനേഴാമത്തെ വാക്യത്തിൽ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണു നേരത്തെ യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നവനാണ് ഇപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ എന്താ പറ്റി ഇപ്പോൾ കണ്ടപ്പോൾ യേശുവിൻ്റെ മുമ്പാകെ മരിച്ചവനെ പോലെ വീണു ഉടനെ കർത്താവ് വലങ്ക മേൽ വെച്ചു ഭയപ്പെടേണ്ട എന്നാ പറഞ്ഞു നോക്കിയ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് കൂടെയാണ് അവൻ്റെ മുമ്പിൽ ആ നിലയിൽ പ്രത്യക്ഷപ്പെടുന്നത് അവൻ്റെ മുഖം സൂര്യൻ്റെ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു അവന് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്നൊക്കെ കർത്താവ് പറയുന്നു ദൈവത്വത്തിൽ യേശുവിൻ്റെ ഒരു ദൈവത്വത്തിൽ യേശു തന്നെ തന്നെ യോഹനാനൊന്ന് വെളിപ്പെടുത്തിയപ്പോൾ യോഹനാൻ എന്ത് ചെയ്യുന്നു യോഹനാനെ കർത്താവിൻ്റെ കാൽക്കല് മരിച്ചവനെ പോലെ വീഴുക ചെയ്യുന്നു നമ്മൾ യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് യോഹനാന നെഞ്ചോട് ചേർന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ തന്നോട് ചേർന്ന് യോഹന്നാൻ ആ നിലയിൽ താതാൽമ്യം പ്രാപിക്കാനായിട്ട് കഴിഞ്ഞു എന്നാൽ ദൈവത്വത്തിൽ യേശു ആ നിലയിൽ ആ വലിയ പ്രഭാവത്തോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോഹന്നാൻ പഴയതുപോലെ നെഞ്ചോട് ചേർന്നിരിക്കാനായിട്ട് കഴിഞ്ഞില്ല മറിച്ച് മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കല് വീഴുകയാണ് ചെയ്തു ചെയ്തത് മരിച്ചവനെ പോലെ വീണപ്പോൾ യേശു എന്തോ ചെയ്തു യേശു അവൻ വലങ്കൈ യോഹന്നാൻ്റെ മേൽ വെച്ചിട്ട് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു ഈ ഭയപ്പെടണ്ട എന്ന വാക്ക് യോഹനാൻ കേട്ടപ്പോൾ യോഹനാൻ എന്തുണ്ട് അത് യോഹന പലപ്പോഴും യേശുവിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ മൂന്നര വർഷം കർത്താവ് പരശിശുശ്രൂഷയുമായിട്ട് യോഹനാനോടൊക്കെ ഒപ്പം ശിഷ്യന്മാരോടൊപ്പം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ യേശു പറഞ്ഞത് രണ്ട് വാക്കുകളാണ് അതിലൊരു വാക്കെന്ന് പറയുന്നത് ഭയപ്പെടണ്ട എന്ന ആ വാക്ക് പലരും യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ യേശു ആദ്യം പറയുന്ന വാക്കെന്താ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഭയപ്പെടേണ്ട യേശു പറഞ്ഞ രണ്ടാമത്തെ ഒരു വാക്ക് യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞ രണ്ടാമത്തെ ഒരു വാക്ക് വിശ്വസിക്ക എന്നാണ് രണ്ട് വാക്കുകളാണ് അപ്പോൾ യോഹന്നാൻ ഇത് പരിചയമുണ്ട് യോഹന്നാനോട് ഇപ്പോൾ യേശു പറയുന്നു നീ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട അതിനോട് ചേർന്ന് തന്നെ യേശു പറയാറുള്ള രണ്ടാമത്തെ വാക്കും യോഹന്നാൻ്റെ ഹൃദയത്തിൽ വന്നിരിക്കാം എന്താ നീ എന്നിൽ വിശ്വസിക്കാന് നിനക്ക് എൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കത്തക്കവണ്ണം ഒരു കാലത്ത് ഞാനെൻ്റെ മനുഷ്യത്വത്തിൽ നിങ്ങളോടൊപ്പം സഹകരിച്ചൊന്നിച്ച് നടന്നു എന്നാലിപ്പോൾ ഞാൻ ആദ്യനും അന്ത്യനുമാണ് ഇതാ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലെൻ്റെ കൈവശമുണ്ട് മരണമെന്ന് പറയുന്നത് ആളുകളെ ശേഖരിക്കുന്ന ഒന്നാണ് മരണം പാതാളമോ ഇങ്ങനെ ശേഖരിക്കുന്ന ആളുകളെയൊക്കെ സൂക്ഷിക്കുന്ന ആളാണ് പാതാളം ഞാൻ പറഞ്ഞത് മനസ്സിലായോ മരണമെന്ന് പറയുന്നത് ആളുകളെ ശേഖരിക്കുന്ന ആളാണ് ഏഹ് അതിനെ നമ്മളൊന്ന് പേഴ്സണിഫൈ ചെയ്ത് പറഞ്ഞാൽ പാതാളം എന്ന് പറഞ്ഞാലോ ഇങ്ങനെ മരണ ശേഖരിക്കുന്ന ആളുകളെയെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് കസ്റ്റഡിയിൽ വെക്കുന്ന ആളാണ് പാതാളം ഇവരുടെ രണ്ടുപേരുടെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് യേശു പറയുന്നത് അങ്ങനെ ആദ്യനും അന്ത്യനുമായിട്ട് ഓ ആ നിലയിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനായിട്ട് യേശുവിനെ കണ്ടപ്പോൾ യോഹനാൻ അവൻ്റെ കാൽക്കൽ വീണു അതോടൊപ്പം തന്നെ ഈ വലിയവനായ ദൈവത്തെ വിശ്വസിച്ച് കർത്താവിനായിട്ട് കർത്താവിനെ അവൻ്റെ ദൈവത്വത്തിൽ അവൻ സർവ്വശക്തനാണ് സർവവ്യാപിയാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനാണ് അങ്ങനെയുള്ള ആ വലിയവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുകയാണ് വേണ്ടത് എന്നതിനെ കുറിച്ചൊരു തിരിച്ചറിവ് യോഹനാൻ ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് എവിടെ നിന്ന് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ ആഴ്ച സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഇന്ന് വിശ്വാസത്തെക്കുറിച്ച് പറയാനാണ് താല്പര്യം വിശ്വാസം നമ്മൾ ആരില്ല വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത് ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവത്തെ വിശ്വസിക്കുക ദൈവത്തെ വിശ്വസിക്കുക വിശ്വാസത്തെക്കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ സുവിശേഷങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും നമ്മൾ വായിക്കാറുണ്ട് എന്നാൽ വിശ്വാസത്തെക്കുറിച്ച് പുറലോകത്തിന് ബൈബിളിൽ നിന്നറിയാവുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു വാചകം എനിക്ക് തോന്നുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വചനമാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസം വളരെ ആവശ്യമാണ് അപ്പം തന്നെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഈ വചനം ഈ പുറലോകത്ത് ഇത്രയും ആ നിലയിൽ ആളുകൾ കേൾക്കുകയും അതിനൊരു അംഗീകാരം കിട്ടുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം ക്രിസ്തീയ ചരിത്രത്തിൽ ആദ്യ കാലഘട്ടത്തിൽ മൂന്നാം നൂറ്റാണ്ടായപ്പോൾ ഇതൊരു സംഘടിത മതമായി തീർന്നു ക്രിസ്തു മതം ഒരു സംഘടിത മതമായി തീർന്നു അങ്ങനെ ആ ഒരു റോമൻ കത്തോലിക്കാ ആ നിലയിലുള്ള ഒരു സംഘടിത മതമായി തീർന്ന നിന്ന് പിന്നീട് മാർട്ടിൻ ലൂതറിൻ്റെ കാലത്താണ് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായി ഇതിങ്ങനെ ഒരു അങ്ങനെ ഒത്തിരി ആചാരങ്ങളിലും അങ്ങനെ ഒത്തിരി മാനുഷികമായ ഒത്തിരി ചട്ടങ്ങളിലും പാരമ്പര്യങ്ങളിലും തളച്ചിടേണ്ടതല്ല ഇതിനപ്പുറത്ത് ഇതൊരു വിശ്വാസത്തിൻ്റേതായ ഒരു നിലപാടാണ് എന്നുള്ള ഒരു ബോധ്യം മാർട്ടിൻ ലൂഥറിനുണ്ടായി നമുക്കറിയാമല്ലോ മാർട്ടിൻ ലൂഥർ താൻ തന്നെ ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു അങ്ങനെ ഇരിക്കെ താൻ റോമർക്കെഴുതിയ ലേഖനം വായിക്കുമ്പോഴാണ് ഈ സത്യത്തിലേക്ക് തൻ്റെ കണ്ണ് തുറന്നത് ഞാനീ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഏതിൻ്റെ ഭാഗമായി നിൽക്കുന്നോ അതല്ല യഥാർത്ഥത്തിൽ യേശു കൊണ്ടുവന്നത് യേശു കൊണ്ടുവന്നത് വിശ്വാസത്തിൻ്റെ ഒരു മാർഗമാണ് എന്ന് മാർട്ടൻ ലൂധറിന് മനസ്സിലായി മാർട്ടൻ ലൂധറിനെ ആ ഒരു സത്യത്തിലേക്ക് വിളിച്ചുണർത്തിയത് ഈ ഒരു വചനമാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അദ്ദേഹം അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പലയിടത്ത് പറയുകയും ചെയ്തു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അങ്ങനെ മാർട്ടൻ ലൂധറിനെ ഓർക്കുമ്പോൾ പലപ്പോഴും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാ വചനം അങ്ങനെയാണ് ബൈബിളിന് പുറത്തും ആളുകളുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായി തീർന്നത് പ്രിയപ്പെട്ടവർ ഈ മാർട്ടിൻ ലൂസറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നപ്പോൾ ഇന്ന് സുവിശേഷവിധ സഭകളെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ മൂന്ന് കാര്യങ്ങൾ പറയാറുണ്ട് എന്താണ് ഒന്ന് ഫെയ്ത്ത് അലോ വിശ്വാസം മാത്രം ഗ്രേസലോൺ കൃപ മാത്രം ഗോഡലോൺ ദൈവം Bible, ഈ ബൈബിളിലെ മുഴുവൻ കാര്യങ്ങളെ മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാം ഒന്ന് വിശ്വാസം മാത്രം വിശ്വാസം മാത്രം അതിനോട് ചേർന്ന ആചാരങ്ങളോ മറ്റു പാരമ്പര്യങ്ങളോ ഇല്ല വിശ്വാസം മാത്രം ഒരു പാപിക്ക് രക്ഷയിലേക്ക് വരാൻ ഫെയ്ത്തലോൺ അത് കഴിഞ്ഞാലോ വിശ്വാസത്തിലേക്ക് വന്നാലോ മുന്നോട്ട് പോകുമ്പോഴോ മുന്നോട്ട് പോകുമ്പം അവിടെ പ്രവർത്തനങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അവരെ സംബന്ധിച്ചുള്ള ആത്മാർത്ഥമായ ഏറ്റുപറച്ചിലെന്താ ഗ്രൈസലോൺ ഗ്രൈസലോൺ കൃപ മാത്രം കൃപയാൽ ഞാൻ നിൽക്കുന്നു ആർക്കും അതേ പറയാനുള്ളൂ നമ്മളാണ് നിൽക്കുന്നത് പക്ഷേ കൃപ കൃപ കൃപ എന്നെ താങ്ങുന്നു ഫെയ്ത്ത് എലോൺ ഗ്രേസ് എലോൺ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗോഡ് എലോൺ ദൈവം മാത്രം ഈ മൂന്ന് മൂന്ന് കൊച്ചു വാക്കുകളിൽ മാർട്ടൻ ലൂതറും ഒക്കെ കൊണ്ടുവന്ന് തുടർന്ന് വന്ന ഈ വിശ്വാസത്തിൻ്റെ മാർഗത്തെ ഇങ്ങനെ മൂന്ന് വാക്കുകളിൽ സംക്ഷേപിക്കാം എന്ന് പറയാറുണ്ട് നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം നമ്മൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ അത് ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മൾ മൂന്നിടത്ത് വാക്യം നമ്മളെ കാണുന്നുണ്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും റോമർ കെഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം അവിടെ കണ്ടോ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത് അവിടെ ഒരു കൊട്ടേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഗലാത്തിൽ കെഴുതിയ ലേഖനത്തിലാണ് രണ്ടാമത് നമ്മൾ ഈ വാക്യം കാണുന്നത് ഗലാത്തർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത് അവിടെയും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് കൊട്ടേഷനിലാണ് ഉത്തരണിയിലാണ് കൊടുത്തേക്കുന്നത് മൂന്നാമതായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ ഈ വാക്യം കാണുന്നത് എബ്രായർ കെഴുതിയ ലേഖനമാണ് എബ്രായർ കെഴുതിയ ലേഖനം അതിൻ്റെ പത്താമധ്യായം പത്താമധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് മനിൽ പ്രസാദമില്ല അവിടെയും അതൊരു ധരണയിലാണ് കൊടുത്തേക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും നമുക്ക് നമ്മളോടുള്ള ബന്ധത്തിൽ ഇതിനെ ഇങ്ങനെ പറയാം ദൈവം നമ്മളെ എന്തു ചെയ്തു ദൈവം നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു നമ്മളെ നീതിമാന്മാർ എന്ന് ദൈവം പ്രഖ്യാപിച്ചു ദൈവം നമ്മളെ നീതിമാന്മാരാക്കി ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേൽ ഇട്ടിട്ടാണ് നമ്മളെ നീതിമാൻ എന്ന് സ്വർഗം ആ നിലയിൽ സർട്ടിഫൈ ചെയ്യുന്നത് നീതിമാൻ റൈച്ചസ് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ നീതിമാൻ എൻ്റെ നീതിമാൻ അവൻ ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത് അവൻ വിശ്വാസത്താൽ ജീവിക്കും കണ്ടോ മൂന്നിടത്ത് പുതിയ റോമർ കെഴുതിയ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഗലാത്തിയർ മൂന്നിൻ്റെ പതിനൊന്നിൽ എബ്രായ പത്തിൻ്റെ മുപ്പത്തെട്ടിൽ ഒക്കെ മൂന്നിടത്തായിട്ട് ഏഹ് ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ നാട്ടിലും ഒരു രണ്ട് തരം മൂന്ന് തരം എന്ന് പറഞ്ഞ് അങ്ങ് ഉറപ്പിക്കുന്നത് പുതിയ നിയമത്തിൽ മൂന്നിടത്ത് ഇതങ്ങ് പറഞ്ഞിരിക്കുക എൻ്റെ നീതിമാനം എന്ത് ചെയ്യും വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്താൽ ജീവിക്കും അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞല്ലോ ഈ മൂന്നിടത്തും അത് ഒരു ഉദ്ധരണിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് ഇതെവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് ഹബ് കൊക്കിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഹബ് പഴയ നിയമത്തിൽ ഹബ് പഴയ ബൈബിളിൽ എണ്ണൂറ്റി എൺപത്തി നാലാമത്തെ പേജ് ഹബ് കൊക്കിൻ്റെ പുസ്തകം രണ്ടാമധ്യായം രണ്ടാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യമാണത് അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു അത് നേരുള്ളതല്ല നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത് ഇവിടെ ഹബുകുക്ക് രണ്ടിൻ്റെ നാലിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഹബുക്കുക്ക് രണ്ടിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വാക്യമാണ് റോമറിലും ഗലാത്തിറിലും എബ്രായറിലും പുതിയ നിയമത്തിൽ ആവർത്തിച്ചു പറഞ്ഞ് അതങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസം എന്നുള്ള ഒരു കാര്യം എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാതിരിക്കാനൊക്കെയല്ല മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം അൻപത്തി എട്ടാമത്തെ വാക്യം ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു യേശുവിനവിടെ അധികം അത്ഭുതമൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം എന്താ അവരുടെ അവിശ്വാസം ഏതുമായി യേശുവിന് ചെയ്യാൻ കഴിഞ്ഞില്ല യേശു ചെയ്യുമായിരുന്നു പക്ഷേ അവരുടെ അവിശ്വാസം ഏതുവായിട്ട് താന് തനിക്കവിടെ പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് മത്തായി എഴുതിയ സുശേഷം പതിമൂന്നിൻ്റെ ഒടുവിലത്തെ അൻപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പം നോക്കുക ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും നമുക്കറിയാം അപ്പം തന്നെ നമ്മുടെ അവിശ്വാസം കൊണ്ട് നമുക്ക് എന്തോ ചെയ്യാൻ ഒക്കും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താനായിട്ടൊക്കും എന്നാണ് ആ വചനം കാണിക്കുന്നത് ഇത് നാളെ നമ്മളെക്കുറിച്ച് രേഖപ്പെടുത്തുക എവിടെങ്കിലും രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ മരിച്ച് അക്കരെ ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് പറയുക എനിക്ക് നിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നിൻ്റെ അവിശ്വാസം ഹേതുവായി എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല ഹോ എന്തൊരു ഖേദമായിരിക്കും വിശ്വാസമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിശ്വാസത്തിന് ദൈവത്തിൻ്റെ കരങ്ങളെ ബന്ധിക്കാൻ കഴിയും അങ്ങനെ ഉണ്ടെങ്കിൽ നാം വിശ്വാസത്തെ എത്ര ഗൗരവത്തോടെ എടുക്കണം നീതിമാൻ്റെ ജീവിതം വിശ്വാസത്താലാണ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനാറാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തേജോമയനായ കർത്താവ് അവിടെ ശിഷ്യന്മാരെ അവിടെ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവ് എന്താ പറയുന്നത് കർത്താവ് അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു എന്നാണ് നമ്മളവിടെ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം അവിടെ കർത്താവ് ഭൂമിയിൽ നിന്ന് താൻ കടന്നു പോകാനായിട്ട് തുടങ്ങുക ഭൂലോകത്തെങ്ങും പോയി ശൈലസൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ എന്നൊക്കെയുള്ള ആ ദിവ്യമായ കൽപ്പനയൊക്കെ അവിടെ നൽകുക അതിന് തൊട്ടുമുമ്പ് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ യേശു എന്തോ ചെയ്യുന്നു അവരുടെ അവിശ്വാ അവിശ്വാസത്തെ ശാസിച്ചു യേശു തൻ്റെ പരശിശുശ്രൂഷാ കാലത്ത് ഭൂതങ്ങളെ ശാസിച്ചു ഭൂതങ്ങളെ ശാസിച്ചു എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ കർത്താവ് എന്തോ ചെയ്തു അവിശ്വാസത്തെ ശാസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ അവിശ്വാസം എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അവിശ്വാസം മൂലം പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ല എന്ന് വന്നാൽ അത് എത്ര വലിയൊരു ഖേദമായിരിക്കും നമുക്ക് നിത്യതയിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസം അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ പുതിയ നിയമത്തിൽ പറഞ്ഞ മൂന്ന് വാക്യങ്ങളും എടുത്തിരിക്കുന്ന ആ തുടക്കത്തിലേക്ക് തന്നെ നമുക്ക് പോകാം ഹബ്ബുക്കൊക്കിൻ്റെ പ്രവചനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിലേക്ക് തന്നെ പോകാം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഒരു ഒരു നദി ഒഴുകി വന്ന് കുറേ കഴിയുമ്പം അതൊരു തരത്തിലായെങ്കിൽ അത് സത്യത്തിൽ അതിൻ്റെ തുടക്കത്തിൽ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതിനെത്ര നിർമ്മലത ഉണ്ടായിരുന്നെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തോ വേണം അതിൻ്റെ ഉത്ഭവത്തിലേക്ക് പോകണം അതിൻ്റെ തുടക്കത്തിലേക്ക് പോകണം ഒരു പ്രസ്ഥാനം അത് തുടങ്ങി ഒത്തിരി നാളുകൾ കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞ് അതിനെ കാണുമ്പോൾ അത് ഈ നിലയിലായി എന്നാൽ അത് തുടക്കത്തിൽ അത് ആരംഭിച്ചത് എങ്ങനെയാണെന്നറിയാൻ നമ്മൾ അതിൻ്റെ ഉത്ഭവത്തിലേക്ക് പോകണം എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ റോമർ കെഴുതിയ ലേഖനത്തിലും ഗലാത്തിയറിലും എബ്രായറിലും മൂന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത് മൂന്നടത്തും മൂന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഈ വാക്യം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു നമുക്കതിലേക്ക് പിന്നീട് പോകാം നമുക്കതിൻ്റെ ഒറിജിനിലേക്ക് അതിൻ്റെ ഉത്ഭവത്തിലേക്ക് തന്നെ പോകാം ഉത്ഭവം എന്ന് പറയുന്നത് ഹബക്കുക്കിൻ്റെ പ്രവചനം രണ്ടാമധ്യായത്തിൻ്റെ നാലാം വാക്യത്തിലാണല്ലോ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ നോക്കി നമ്മുടെ വിശ്വാസത്തിൻ്റെ തടസ്സങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഹബുക്കൊക്കെ രണ്ടിൻ്റെ നാലിലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് തന്നെ ആ വിശ്വാസം കയ്യാളാനായിട്ട് അന്നുണ്ടായിരുന്ന ആ ഇസ്രായേലിനുണ്ടായിരുന്ന രണ്ട് തടസ്സങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് തടസ്സങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് നമുക്കും അത് ഒഴിവാക്കാൻ സഹായകരമായിരിക്കും എന്തൊക്കെയാണ് അവിടെ പറഞ്ഞേക്കുന്നത് വിശ്വാസത്താൽ നീതിമാനി ജീവിക്കാൻ കഴിയാതെ വണ്ണം അവനെ തടയുന്ന ഒന്നാമത്തെ കാര്യം അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രൈഡ് അഹങ്കാരം നികളം എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസത്തിന് തടസ്സമായി വരാം രണ്ടാമതൊരു കാര്യം അത് നേരുള്ളതല്ല അത് ക്രൂക്കടാണ് അത് നേരില്ലായ്മ മനസ്സിലെ നേരില്ലായ്മ കണ്ടോ രണ്ട് കാര്യങ്ങൾ നീതിമാന വിശ്വാസത്താൽ ജീവിക്കാനായിട്ട് തടസ്സമായിട്ട് ഹബക്കുക്കിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് നികളമാണ് നികളമാണ് നികളം രണ്ടെന്ന് പറയുന്നത് നേരില്ലായ്മയാണ് അവൻ്റെ മനസ്സ് നേരുള്ളതല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ഈ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നത് എന്താണ് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ അഹങ്കാരം കൊണ്ടാണ് എനിക്ക് വിശ്വസിക്കാൻ ഒക്കാഞ്ഞത് എന്ന് നിങ്ങളെവിടെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് നേരെ ഉള്ളതല്ല അതുകൊണ്ടാണ് എനിക്ക് വിശ്വസിക്കാൻ ഒക്കാഞ്ഞത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും വിശ്വസിക്കാൻ ഒക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളത്ര എന്തോ എനിക്ക് ആ വാക്യങ്ങളൊന്നും വേണ്ട പോലെ ഓർത്തിരിക്കാൻ പറ്റിയില്ല അല്ലെ ആ സമയത്ത് ഒരു ധൈര്യത്തിൻ്റെ വാക്കു പറയാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് ചിന്തിക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ആ വിശ്വാസലോകം വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം അതിനെക്കുറിച്ച് ചില പറച്ചിലായിട്ടോ ചില ഏറ്റുപറച്ചിലായിട്ടോ ചിലർ പറയരുല്ലേ ചില കാര്യങ്ങൾ നേടാൻ അവിടെ ചെന്ന് ആ സ്ഥലം കണ്ട് അവിടെ ഒരു വിശ്വാസത്തിൻ്റെ നാണയം കുഴിച്ചിടണം ഇന്ന് നോക്കുക എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ ഇതൊക്കെ നല്ല കാര്യമായിരിക്കും നല്ല കാര്യമായിരിക്കും നമ്മുടെ ഒരു സഹോദരനെ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ നിന്നാണ് വന്നത് അദ്ദേഹം താൻ വീട് വെക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് പോയപ്പോൾ ഒരു ഒരു സ്ഥലം കണ്ടു ഇവിടെ വീട് ഏഹ് അപ്പോൾ അവിടെ പോയി അപ്പോൾ താന് നേരത്തെ വന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ നമ്മൾ എന്തോ ചെയ്യണം വിശ്വാസം ക്ലെയിം ചെയ്യണം ഏഹ് ചെയ്യണം വിശ്വാസം അത് പറഞ്ഞ് അത് ക്ലെയിം ചെയ്യണം ക്ലെയിം ചെയ്യാനായിട്ട് എന്തോ വേണം അവിടെ ഒരു ചെറിയ തുകയാണെങ്കിൽ ഒരു ഒരു പത്ത് പൈസയാണെങ്കിൽ അവിടെ കുഴിച്ചിട്ട് ഇത് ദൈവനാമത്തിൽ അവകാശപ്പെടണം എന്നൊക്കെ ഈ സഹോദരൻ കേട്ടിട്ടുണ്ട് സഹോദരന് അന്നേരം എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവിടെ ചെന്ന് പൈസ കുഴിച്ചിടാനൊന്നും നോക്കുകയില്ല പിന്നെ അദ്ദേഹം എന്താ ചെയ്തു അദ്ദേഹം കയ്യിൽ നിന്ന് ഒരു കല്ലെടുത്ത് അവിടെ ഇട്ട് എറിഞ്ഞ് വിശ്വാസത്താൽ ഞാനിത് അവകാശമാക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ ആളുകളുടെ ലളിതമായ വിശ്വാസത്തെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത് തീർച്ചയായും അങ്ങനെയുള്ള ലളിതമായ വിശ്വാസത്തെയൊക്കെ ദൈവം ആദരിക്കുകയൊക്കെ ചെയ്യും ആ സഹോദരന് പിന്നീട് ആ സ്ഥലം കിട്ടി അദ്ദേഹം അവിടെ വീട് വെച്ച് സുഖമായിട്ട് താമസിച്ചു അതൊക്കെ നടക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പലപ്പോഴും വിശ്വാസം വിശ്വാസം അല്ലെ അവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലത് ക്ലെയിം ചെയ്യാതിരുന്നു അല്ലെങ്കിൽ അവിടെ വിശ്വാസത്തിൻ്റേതായിട്ടൊരു നിക്ഷേപം എനിക്ക് നടത്താൻ കഴിയാതെ പോയി ഈ എനിക്കന്നേരം അതിന് അത്ര ബോധ്യം കിട്ടിയില്ല ഇങ്ങനെയൊക്കെയുള്ള ചില എക്സ്ക്യൂസൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരുന്നത് എന്നാൽ ഇവിടെ ഹബുക്കൊക്കെ നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് വേറെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനൊരു കാര്യമേ ഉള്ളൂ നീ അഹങ്കാരിയ അയ്യോടാ ഞാനോ അഹങ്കാരിയോ നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ വിശ്വസിക്കാൻ കഴിയാഞ്ഞത് അഹങ്കാരം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ എന്നാൽ സത്യത്തിൽ അതിനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കെന്താ എന്തുകൊണ്ടാണ് അത് വിശ്വസിക്കാൻ കഴിയാഞ്ഞത് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഈ നിലയിൽ ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കും എന്ന് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാതെ ഞാൻ എന്നിൽ തന്നെ ശക്തനായിരുന്നു ഞാൻ എന്നിൽ തന്നെ നിഗളിയായിരുന്നു ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാതെ ഓ ആ നിലയിൽ എന്നിൽ ഒരു അഹങ്കാരമുണ്ടായിരുന്നു അതല്ലേ അത് പഠിച്ചു വരുമ്പം യഥാർത്ഥത്തിലുള്ളത് നോക്കുക ഇവിടെ ഇത് ആ ബുക്കൊക്കെ പറയുന്നു അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ടാമതവിടെ പറയുന്നു അത് നേരുള്ളതല്ല സത്യസന്ധത ദൈവം വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും മനുഷ്യൻ്റെ ജഡത്തിൽ എന്താ ഉള്ളത് മനുഷ്യൻ്റെ ജഡത്തിൽ ഒത്തിരി സൂത്രങ്ങളാവുള്ളത് നമ്മൾ ഉറക്കം വന്നു ഉറങ്ങി അടുത്തിരിക്കുന്ന തട്ടി ഉണത്തിൽ ചോദിക്കുക ബ്രേറെ ഉറങ്ങിയു അപ്പോൾ നമ്മളെന്താ പറയുന്നത് ഉറങ്ങി നാലേലും ഉടനെ നമ്മൾ ഉടനെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് അതിൽ തെറ്റൊന്നുമില്ല നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ ജഡത്തിലുള്ളത് അവൻ എന്താ നേരെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആ ഒരു ഹോണസ്റ്റി നമുക്കില്ല കാര്യം നമ്മുടെ വല്യപ്പൻ അതായത് ആദാവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ നീ പഴം ഒരു കൊച്ചു ചോദ്യമാണ് പഴം തിന്നും ഒന്നീ തിന്നു അല്ലെ തിന്നില്ല ഇതല്ലേ വേണ്ടത് ഉടനെ അദ്ദേഹം പറയുകയാണ് നീ എനിക്കായിട്ട് തന്ന ഒരു സ്ത്രീയുണ്ടല്ലോ ചരിത്രമൊക്കെ പറയുക അവൾ തന്നു ഞാൻ അവളെ വിളിച്ചു ചോദിച്ചു അവൾ ഞാനാ പറിച്ചത് കൊടുത്തത് എന്നോ അല്ലെങ്കിൽ അല്ല എന്നോ നേരിട്ട് പറയാമായിരുന്നല്ലോ കണ്ടോ ഒരു പാപം മാനവജാതിയിൽ പാപം കടന്നതോടെ ആ ഒരു നിഷ്കളങ്കതയും സത്യസന്ധതയും നമുക്കെന്നേ കൈമോശം വന്നു പ്രിയപ്പെട്ടവർ നമ്മൾ വളരെ വേഗം നമ്മുടെ ജഡം ഈ നിലയിലുള്ളതാണെന്ന് അറിഞ്ഞ് കഴിയുന്നിടത്തോളം ചെറിയ കാര്യങ്ങളിലും സത്യസന്ധരായിരിക്കേം നേരുള്ളവരായിരിക്കും ചെയ്യേണ്ടതൊരാവശ്യമാണ് എന്തിനാവശ്യം ദൈവം പറയുന്ന കാര്യം വിശ്വസിക്കാൻ ഇതാവശ്യമാണ് നമ്മളീ നേരിനെയും സത്യസന്ധതയും താഴ്മയുമൊക്കെ വിശ്വാസവും അതുമായിട്ട് ഇത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ സാധാരണഗതി ചിന്തിക്കാറില്ല അതൊക്കെ വേറെ ഏതാണ്ടോ ഏ ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരമൊക്കെ ഉണ്ട് പ്രസംഗ മത്സരം ഉപന്യാസം വായന ഇതൊക്കെയുണ്ട് സാറുമാർ മൂന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ എന്തു ആവശ്യം ആ വിഷയം സത്യസന്ധത സത്യ സത്യസന്ധത മനുഷ്യർക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഗുണമാണ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ആളുകൾ സത്യസന്ധത കൊണ്ടാണ് നമുക്കിതൊരു ഉപന്യാസത്തിനൊരു വിഷയമോ പ്രസംഗത്തിനുള്ള ഒരു വിഷയമോ ആണെന്നുള്ളതിനപ്പുറത്ത് ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണെന്ന് സത്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മളെ ആളുകൾ എന്താ പറയുന്നത് അല്ലെ ദൈവം എന്താ പറയുന്നത് വിശ്വാസി എന്നാ പറയുന്നത് അല്ലേ എൻ്റെ നീന്തിമാൻ വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത് ഈ വിശ്വാസം കയ്യാളാൻ നമുക്ക് താഴ്മ നികളമില്ലായ്മ അഹങ്കാരമില്ലായ്മ നമുക്ക് വേണം നമുക്ക് നേരുള്ളവരായിരിക്കണം നേരുണ്ടായാലേ അഹങ്കാരമില്ലെങ്കിലേ നമുക്ക് എന്ത് എന്ത് കഴിയുള്ളൂ ദൈവത്തിൽ ലളിതമായി വിശ്വസിക്കാൻ പോലും അങ്ങനെ കഴിയുള്ളൂ ഇതുണ്ടെങ്കിൽ കഴിയയില്ല എന്നാണ് ഈ വാക്യം പറഞ്ഞേക്കുന്നത് നമ്മൾ പലപ്പോഴും ഈ താഴ്മയോ അഹങ്കാരമില്ലായ്മയോ അല്ലെങ്കിൽ സത്യസന്ധതയോ വിശ്വാസത്തിന് വേണ്ട ഒരു ഗുണമായിട്ട് നമ്മൾ പലപ്പോഴും കാണാറില്ല ഇവിടെ ഹബ് ഈ വാക്യം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന ആ ആ തുടക്കം അതിൻ്റെ ഉൽപ്പത്തിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ രണ്ട് കാരണങ്ങൾ നമ്മുടെ അവിശ്വാസത്തിന് കാരണമായിട്ട് നമുക്ക് കണ്ടെത്താം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ചോദനം ചെയ്യാം പലപ്പോഴും നമ്മൾ ഓ എനിക്ക് ആ സമയത്തൊരു വിശ്വാസം വന്നില്ല എന്നങ്ങ് പറഞ്ഞു പോവുകയല്ലേ സത്യത്തിൽ അതാണോ അതിൻ്റെ തുടക്കം അവിടാണോ അല്ല അവിടെ അല്ല തുടക്കം അതിൻ്റെ തുടക്കം എവിടെ നീ നേരത്തെ അഹങ്കാരിയായിരുന്നു നിന്നിലൊരു നിഗളമുണ്ട് അല്ലെങ്കിൽ നിനക്കൊരു നേരില്ലായ്മയുണ്ട് ഇതാണ് അതിൻ്റെ പ്രശ്നം അത് നമ്മൾ കണ്ടെത്തുക പണ്ടവർ കഥ കേട്ടിട്ടില്ലേ പണ്ടൊരു ഒരാൾ രാത്രിയിൽ നടന്നു പോവുക രാത്രിയിൽ നടന്നു പോയപ്പോൾ മദ്യവനായൊരു സുഹൃത്ത് ഞാ മദ്യവൻ മദ്യ രാത്രിയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ രാത്രി നട്ടപ്പാതിരായിക്കൊക്കെ ഈ കോട്ടയം പട്ടണത്തിലൂടെ വരുന്ന വേറെ ആളുകളുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂട രാത്രിയിൽ നമ്മൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ മദ്യപന്മാരായ സ്നേഹിതന്മാരാണ് പലയിടത്തും നിന്ന് കൈ കാണിക്കുന്നു ഞാൻ ചിലപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് വണ്ടിയിലൊക്കെ ഇരുത്തി അപ്പോൾ അവിടെ വരെ വരുമ്പം അവർ പറയും അവർ പല ചരിത്രമൊക്കെ പറയും നമ്മളെപ്പോൾ പോട്ടെ അത് ചുരുക്കത്തിൽ അവരുടെ വീട്ടിലിൻ്റെ വാതക്കെ കൊണ്ടുവന്ന് നിർത്തുന്നു അപ്പോൾ പറയും കൈ പിടിച്ച് അങ്ങോട്ടൊന്ന് കയറ്റി വിട്ടാട്ടെ ഉടനെ നമ്മൾ കൈ പിടിച്ച് വണ്ടി നിർത്തി സ്റ്റെപ്പ് കയറ്റി വിടുക സ്റ്റെപ്പ് കയറ്റി വിട്ടുകഴിയുമ്പോൾ അവിടെ ഒരാൾ നിപ്പുണ്ട് ആരാ അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മൾ കൊണ്ടുവന്ന് ഒരു നല്ല കാര്യം ചെയ്തു എന്ന് വിചാരിച്ച് ഭാര്യയെ ദയിപ്പിച്ച് വെച്ച് തിരിച്ച് വരുമ്പോൾ അവർ പറയും ഓരോരുത്തരും കൊണ്ടുവന്ന് കുടിപ്പിച്ചേച്ച് കൊണ്ടുവന്നു വിടുന്നു കണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ രാത്രി എന്ന് പറയുന്നത് മദ്യപന്മാരായ സുഹൃത്തുക്കളുടെ ഒരു ഒരു ഏർ അവരുടെ ഒരു സമയമാണ് അപ്പോ നമ്മൾ കഥയിലേക്ക് വരാം ഒരു സ്നേഹിതൻ ഇങ്ങനെ നടന്ന് വരുമ്പോ ഒരു മദ്യപനായ സ്നേഹിതൻ എന്താ സ്ട്രീറ്റ് ലൈറ്റിന്റെ ആ ഏതാണ്ടോ തപ്പുന്നു തപ്പെന്ന് പറഞ്ഞേ ഈ ആൾ ചോദിച്ച സുഹൃത്തെ നിങ്ങൾ എന്താ തപ്പുന്നത് അതെന്തോ പറയാനേ എൻ്റെ ഒരു നൂറ് രൂപ കാണാതെ പോയി നൂറ് രൂപ കാണുക അപ്പം ഈ കൂട്ടുകാരനും താല്പര്യമായി എടാ ഇവന് രൂപ കാണാതെ പോയി കൊച്ച് തുകയല്ലല്ലോ അദ്ദേഹം കൂടെ ഞാനിവിടെ തപ്പാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തപ്പുക തപ്പി കുറച്ചു നേരം കഴിഞ്ഞപ്പം ചോദിച്ചു ആട്ടെ എവിടെ വെച്ചാ ഈ പൈസ പോയത് ഓ പൈസ പോയത് അങ്ങേക്ക് അവലേ വെച്ചാണ് പൈസ പോയത് അപ്പോൾ പിന്നെ നിങ്ങളിവിടെ ഇവിടെ വന്ന് തപ്പുന്നത് എന്താ ഓ അവിടെ ഇരുട്ടായിരുന്നു ഇവിടെ വെളിച്ചമുള്ളതുകൊണ്ട് വെളിച്ചത്ത് വന്ന് തപ്പുക കഥയാണ് മദ്യപനായ സുഹൃത്തിൻ്റെ കഥയാണ് പ്രിയപ്പെട്ടവരെ നമുക്കിത് സംഭവിക്കാമോ നമ്മുടെ പണം പോയത് വേറൊരിടത്താണ് നമ്മൾ തപ്പുന്നത് എവിടാ മറ്റൊരു സ്ഥലത്താ നിന്ന് തപ്പുന്നത് നമ്മൾ പറയുന്നത് ഇവിടാണല്ലോ വിളിച്ചോളത് അതുകൊണ്ട് ഇവിടാ തപ്പുന്നത് സത്യത്തിൽ നമ്മുടെ നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് മറ്റോരോ കാരണങ്ങൾ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ സത്യസന്ധതയില്ലായ്മ കൊണ്ടോ ആണ് നഷ്ടപ്പെട്ടു പോയത് പക്ഷേ നമ്മൾ അവിടെ അല്ല തപ്പുന്നത് നമ്മൾ പലപ്പോഴും ബ്രതറേ ഞാൻ ആ സമയത്ത് അത്ര ഹോൾ ഹാർട്ടഡല്ലായിരുന്നു അല്ലെങ്കിൽ മറ്റു പല പല എക്സ്ക്യൂസസ് ഞാൻ ആ ആ കൃത്യസമയത്ത് ആ വിശ്വാസത്തിൻ്റെ വചനം എനിക്ക് ഓർമ്മ വന്നില്ല എന്നാൽ അവിടെയല്ല തപ്പണ്ടത് തപ്പണ്ടത് അബക്കുക്ക് കാണിച്ചു തരുന്നു അവിടെയല്ല തപ്പണ്ടത് പോയത് മറ്റൊരിടത്താണ് അവിടെയാണ് തപ്പണ്ടത് യോഹനൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവും ഇതുപോലെ വിശ്വാസം നഷ്ടപ്പെടാവുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു യോഹനൻ്റെ സുവിശേഷം അതിൻ്റെ അഞ്ചാമധ്യായം അഞ്ചാമധ്യായം നാൽപ്പത്തി നാലാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് തന്നെ പറയുക തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയയില്ല കർത്താവ് പറയുക അതിൻ്റെ റീസൺ അതിൻ്റെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് ആ കാരണം എന്താ ആ കാരണം എന്താ അത് ക്ലെയിം ചെയ്യാൻ എനിക്ക് അന്നേരം ബാക്കി ഓർമ്മ ഒന്നില്ലെന്നുള്ളതാണോ അവിടുത്തെ വിഷയം അല്ല അവിടുത്തെ വിഷയം നീ എന്താ നിങ്ങൾ എന്താ നിങ്ങൾ തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങുന്ന ആളുകളാണ് നിങ്ങൾ ഒരു മാനം അന്വേഷിക്കുന്ന മനുഷ്യമാനം അന്വേഷിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ കഴിയേല ദൈവത്തെ വിശ്വസിപ്പാൻ കഴിയില്ല എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും കർത്താവ് ചോദിക്കുക എങ്ങനെ ഇത് കർത്താവിൻ്റെ വാക്കുകളാണ് വേറെ വല്ലതുമാണെങ്കിൽ നമുക്കതിനെന്തെങ്കിലും ഒരു മാർജിൻ കൊടുക്കായിരുന്നു ഇതങ്ങനല്ല കർത്താവ് തന്നെ പറഞ്ഞിരിക്കുക മനുഷ്യമാനം അന്വേഷിക്കുന്ന ഒരുവന് വിശ്വസിപ്പാൻ കഴിയില്ല അപ്പോൾ സഹോരാ സഹോരി നമുക്ക് പലപ്പോഴും വിശ്വാസമില്ലെന്ന് നമ്മൾ പറയുമ്പോൾ അത് അതിന് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റ് പലതുമായിരിക്കാം ഒന്നുകിൽ നികളുണ്ടാവാം അല്ലെങ്കിൽ സത്യസന്ധതയുടെ കുറവുണ്ടാവാം അതല്ലെങ്കിൽ മനുഷ്യമാനം തേടുന്നതാവാം പ്രശ്നം നമ്മൾ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ലോകത്തായിരിക്കുമ്പോൾ ലോകത്തുള്ള ആളുകളുടെ ബഹുമാനം തേടാനുള്ള ശ്രമമല്ലേ അന്വേഷണമല്ലേ ഈ നടത്തുന്നതെല്ലാം ഓഫീസിൽ ചെല്ലുന്ന അയാൾ മറ്റു ആളുകളെക്കാളും മിടുക്കനാണെന്ന് ഭാവിക്കുന്നു ചില കാര്യങ്ങൾ പറയുന്നു ചില കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാം എന്തിനു വേണ്ടിയാ ആളുകളുടെ ആ ഓഫീസിലുള്ളവരുടെയൊക്കെ ബഹുമാനം കിട്ടണം നമ്മൾ ആ ലോകത്തുനിന്ന് പോന്നു ആ ലോകത്തു നിന്ന് പോന്നു സുവിശേഷ വിഹിത ഒരു സഭ വന്നു ഇവിടെ വന്നിട്ടും നമ്മൾ അന്വേഷിക്കുന്നത് ഇവിടെ ഉള്ളവരുടെ ആണെങ്കിൽ നമ്മൾ രംഗം കളം മാറിയെന്നുള്ളതേ ഉള്ളൂ നമുക്ക് അടിസ്ഥാനപരമായിട്ടൊരു മാറ്റം വന്നിട്ടില്ല മനുഷ്യമാനമാണ് തേടുന്നതെങ്കിൽ നിനക്ക് വിശ്വസിപ്പാൻ കഴിയുന്നതെങ്ങനെ എന്ന് കർത്താവ് ചോദിക്കുന്നു നമ്മൾ ഹബ്ക്കൊക്കിൻ്റെ ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പുതിയ നിയമത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞേക്കുന്ന മൂന്നിടത്തേക്ക് മടങ്ങി വരാം അവിടെ നിന്നും മൂന്ന് ചിന്തകൾ എടുത്ത് നമുക്ക് ഈ കാര്യം അവസാനിപ്പിക്കാം ഗലാത്തിൽ കഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിലാണല്ലോ ഹബ്ക്കൊക്കിൻ്റെ ലേഖനത്തിൽ നമ്മൾ പുസ്തകത്തിൽ നമ്മൾ വായിച്ച വാക്യം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് അതിൻ്റെ ഗലാത്യർ മൂന്നാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധികൾ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്കൊരു വിശ്വാസം കൈയാളാൻ ഒക്കാതെ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് മൂന്ന് കാര്യങ്ങൾ നമ്മളവിടെ കണ്ടു ഇനിയും നമുക്ക് ഈ വിശ്വാസമെന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ ഈ ഗലാത്തിയലേഖനത്തിൽ നിന്നും എബ്രായ ലേഖനത്തിൽ നിന്നും റോമർ കെഴുതി ലേഖനത്തിൽ നിന്നും ഈ വാക്യം എടുത്തുദ്ധരിച്ചിരിക്കുന്നിടത്തു എന്ന് നമുക്ക് കണ്ടെത്താം ഇവിടെ ഇതാ ഗലാത്തിർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വാക്യം ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് ന്യായ പ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല ന്യായപ്രമാണവും വിശ്വാസവും രണ്ടിനെയും കൂടെ താരതമ്യം ചെയ്യുന്നിടത്താണ് വിശ്വാസത്തെക്കുറിച്ച് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നത് പൗലോസ് ഇവിടെ ഗലാത്യ ലേഖനത്തിൽ ഉദ്ധരിക്കുന്നത് കണ്ടോ ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എന്താ ന്യായപ്രമാണവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താ അതിൻ്റെ പന്ത്ര തൊട്ടടുത്ത താഴത്തെ വാക്യം ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ ന്യായപ്രമാണം എപ്പോഴും ചില പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ടായിരിക്കുന്നു ഓ കുല ചെയ്യരുത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അപ്പനയമ്മയെ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക അത് ചെയ്യുന്നു ഓ വിഗ്രഹങ്ങളെ വണങ്ങരുത് ശരി ചെയ്യുന്ന ചില കാര്യങ്ങളിലാണ് അത് ഇരിക്കുന്നത് അതുകൊണ്ട് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ ന്യായപ്രമാണം കാണാവുന്ന ദൃശ്യമായ ചിലത് ചെയ്യുന്നതിലോ ചെയ്യാതിരിക്കുന്നതിലോ ആണ് അധിഷ്ഠിതമായിരിക്കുന്നത് അതേസമയം വിശ്വാസമോ വിശ്വാസം ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നതിലല്ല അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വിശ്വാസമെന്ന് പറയുന്നത് അത് കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത ന്യായ പ്രമാണത്തിൻ്റെ പ്രത്യേകത അത് പ്രവർത്തനങ്ങളിലും കാണാവുന്ന കാര്യങ്ങളിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വിശ്വാസത്തിനുള്ള വ്യത്യാസം വ്യക്തമാക്കാൻ വേണ്ടിയാണ് പൗലോസ് ഗലാത്യലേഖനത്തിൽ ഈ വാക്യം എടുത്ത് തിരിച്ചിരിക്കുന്നത് ഗലാത്യലേഖനത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് അത് ന്യായപ്രമാണം കാണുന്ന ഒത്തിരി കാര്യങ്ങളുടെ പുറകെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളിൽ അധിഷ്ഠിതമാണെങ്കിൽ വിശ്വാസം അങ്ങനെയല്ല വിശ്വാസം പിന്നെ എങ്ങനെയാണ് വിശ്വാസം കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ് വിശ്വാസത്തിൻ്റെ ഒരു നിർവചനം പറയുന്ന വാക്യമാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത് എ പ്രായർ കരുതി ലേഖനം പതിനൊന്നാം അധ്യായം ആദ്യത്തെ വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു ഉറപ്പാണ് പക്ഷെ ആശിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് മെറ്റീരിയലൈസ് ചെയ്തിട്ടുണ്ടോ അത് യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ ഇല്ല ഇല്ല പ്രതീക്ഷയെ മാത്രമേ ഉള്ളൂ പ്രതീക്ഷയിലെ ഉറപ്പ് ആർക്കെങ്കിലും കാണാനൊക്കെ കാണാനൊക്കത്തില്ല അതുപോലെ രണ്ടാമത് പറയുന്നത് നിശ്ചയമാ നമ്മൾ വിചാരിക്കും നിശ്ചയമാണെന്ന് കേൾക്കുമ്പോൾ ഏതോ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാവുന്ന എന്തോ ആണെന്ന് വിചാരിച്ച് ചെന്ന് ശ്രദ്ധിക്കുമ്പോൾ എന്താ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഈ രണ്ട് കാര്യങ്ങളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള വിശ്വാസം അദൃശ്യമാണ് അത് ഒരു പക്ഷേ മെറ്റീരിയലൈസ് ചെയ്യണമെന്നില്ല ദൃശ്യമായിട്ട് ചില കാര്യങ്ങൾ വരണമെന്നില്ല അതിനപ്പുറത്ത് അദൃശ്യനായ ദൈവത്തിലുള്ള അദൃശ്യമായ ഒരു വിശ്വാസം വിശ്വാസത്തിൻ്റെ പ്രത്യേകത അതാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത കാണാവുന്ന ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഈ രണ്ടിനെയും കൂടെ ഒരു കോൺട്രാസ്റ്റ് പോലെ പറയുന്നിടത്താണ് ഗലാത്തി ലേഖനത്തിൽ പൗലോസ് ഈ വാക്യം എടുത്ത് ഉദ്ധരിക്കുന്നത് നമ്മുടെ സ്വാഭാവിക സ്വാഭാവിക താല്പര്യം എങ്ങനെ